ദേഹബുദ്ധിയാതു ദാസോഹം രാമൻ ചോദിച്ചു നീ ആരാണെന്ന് ആഞ്ജനേയനോട് ചോദിച്ചു മുക്തിയത്തിലാണെന്ന് തോന്നുന്നു അഞ്ജനേയൻ പറഞ്ഞു ദേഹബുദ്ധിയിൽ ഞാൻ അങ്ങളുടെ ദാസനായ ആഞ്ജനേയനാണ് ജീവബുദ്ധിയിൽ രാമ ആത്മാരാമനായ നിന്റെ അംശമാണ് ജീവനായ ഞാൻ നീ ആരാണെന്ന് എന്നോട് ചോദിച്ചത് ആ ആത്മബുദ്ധിയിലാണെങ്കിൽ നീ തന്നെയാണ് ഞാൻ എന്റെ ചോദ്യം ഏത് വിധത്തിലാണെന്ന് തീരുമാനിച്ചത് ഇത്തരം തീരുമാനിച്ചത് ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത് ദേഹബുദ്ധിയിൽ നിന്റെ ദാസനാണ് ഞാൻ ജീവബുദ്ധിയിൽ നിന്റെ അംശമാണ് ഞാൻ ആത്മബുദ്ധിയിലാണ് ചോദ്യമെങ്കിൽ നീ തന്നെ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പാണ് പഠിപ്പ് അങ്ങനെയാണെങ്കിൽ മായയും മായാവിയും മായാവിനോദനും മായെ നീക്കുന്ന ആര്യനുമെല്ലാം നീ തന്നെയാണ് ദെയ്യമയെ അങ്ങനെയാണെങ്കിൽ നീവെന്ന സത്യം നീവെന്ന ജ്ഞാനം നീ തന്നെയാണെന്നം ഉഭയപക്ഷങ്ങളെടുതാണ് ആദ്യത്തെ പക്ഷത്ത് മായാപക്ഷം എടുത്തു മായാപക്ഷത്തിലും ഇതാണ് ജ്ഞാനത്തിൻ്റെ പക്ഷത്തിലും ഇത് തന്നെയാണ് ം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ഖനമായത് നീ തന്നെ നീ സത്താണ് നീ ചിത്താണ് നീ ആനന്ദമാ അസ്ഥി ഭാവി പ്രിയ ഒഴിവാണുന്നതെല്ലാം നീ തന്നെ സഖ്യാനന്ദം എല്ലാം വന്നു സത്തിൽ നിന്ന് അസ്ഥി ചിത്തിൽ നിന്ന് ഭാവി ആനന്ദത്തിൽ നിന്ന് പ്രിയം പ്രിയം എന്ന് പറയുന്നതെല്ലാം അപ്രിയവും അപ്രിയമൊന്നുമില്ല ഒരു സ്നത്തിന്യ സ്നഗക്ഷിട്ടില്ല ലോട്ട് അപ്രിയം എന്ന് പറഞ്ഞില്ല പ്രിയമേ ഉള്ളൂ ഭാര്യയ്ക്ക് ഭർത്താവിനോട് പ്രിയമേ അപ്രിയമില്ല പ്രിയത്തിന്റെ ആധിക്യത്തിൽ എന്റെ സങ്കൽപ്പം പോലെ ആകാത്തതിൽ ആ പ്രിയം കൂടുന്നൊരവസ്ഥയാണ് അപ്രിയം അല്ല കല്യൊന്നുമില്ലാത്ത ആളുകളോട് പ്രിയില്ല പ്രിയമില്ല പരിചയം വന്നു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ അറിവാകണം പരിചയം കഴിഞ്ഞാൽ ഭർത്താവിനോട് മാത്രമല്ല ഭാര്യയോട് മാത്രമല്ല മക്കളോടും അച്ഛനോടും അമ്മയോടും ഇവരോട് മാത്രമൊന്നുമല്ല നിങ്ങൾ സ്ഥാപനത്തിലെ മഠാധിപതിയോടും സന്യാസിയോടും പരിചയപ്പെട്ടാലിതാവും നിങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട ഡോക്ടറോടും പരിചയത്തിന് നിന്നും സഞ്ചാൽ കാമഹാസഞ്ചായം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് വ്യക്തിയെ വിറ്റ വിഷയത്തെ ധ്യാനിക്കുന്നത് എവിടെ ആരെ കണ്ടുകഴിഞ്ഞാലും കാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ എടുക്കും നിങ്ങളുടെ അവിടെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് അകത്തോട്ട് വെക്കും നമ്മൾ കാണുന്ന ഒരു സ്ഥൂല രൂപ അല്ല എടുത്ത് വെക്കുന്നത് നിങ്ങളിലെ കലാകാരൻ വർണ്ണങ്ങൾ ചാലിച്ച് വരച്ച നിങ്ങളുടെ പൂർവവാസനകൾ ചേർത്ത് കുഴച്ചുണ്ടാക്കിയ ഈശ്വര സൃഷ്ടിയിലെ രാമനെ കൃഷ്ണനെ ഗോപാലനെ നിങ്ങൾ നിങ്ങളുടെ വർണ്ണങ്ങളിൽ ചാലിച്ച് ചേർത്ത് ജീവസൃഷ്ടിയാക്കി അകത്തോട്ട് വെച്ചു അതിനാ ഭർത്താവണ്ണം മക്കളെന്നും ഒക്കെ പുരുഷാപരാധ രൂപത്തിൽ പറയുന്ന എന്റെ ഗുരുവെന്നും എന്റെ ശിഷ്യനെന്നും ഒക്കെ പറയുന്നത് അതിന് പുറത്താണ് ഗുരുവും ശിഷ്യനും ഒക്കെ ഈ വം നവമായിരിക്കണം ഓരോ തവണ കാണുമ്പോഴും ആദ്യത്തെ കാഴ്ചയാകും ഭാര്യയെ ഇന്ന് കണ്ടപ്പോഴും ഇന്നലെ കണ്ടപ്പോഴും നാളെ കാണാൻ പോകുമ്പോഴും ഒക്കെ പുതുതായി കാണുക അവര് നല്ല സുവേഡ് പോവും അപ്പൊ ഭാര്യയായി അതിന് മുമ്പുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ മനസ്സിലായില്ല വകൂവരെന്നോ കാമുകി കാമുകനോ ഒക്കെ പറയുന്നൊരവസ്ഥ നിൽക്കുകയുള്ളൂ ആ കാമുകി കാമുക ഭാവം വിടാത്തിടത്തോളം പ്രേമത്തിനും പ്രിയത്തിനും കുറവില്ല ഭാര്യ എന്ന അവകാശത്തിലും അധികാരത്തിലും ഭർത്താവുന്ന അവകാശത്തിലും അധികാരത്തിലും എത്തിപ്പോയി എങ്കിൽ കുടുംബ ബന്ധം തോന്നുന്നു ഒന്നും വിഷയമില്ല പിന്നെ പോക്കം പിന്നെ നാട്ടുകാർക്ക് ആറ്റം പറയാം എന്നല്ലാതെ അതിൽ പിൻകാർക്ക് കുറേ ഗുണങ്ങൾ കൽപ്പിക്കാം എന്നല്ലാതെ പിള്ളേരുടെ ഗീതം കളയാമെന്നല്ലാതെ യാതൊരു കാര്യവും മനസ്സിലായില്ല പൊതുവാണ് മല്ലാതെ വലിയ ഇനിയും പരിചയപ്പെടാൻ കിടക്കുന്നല്ലോ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവകാശങ്ങളോ അധികാരങ്ങളോ ഇത് പഠിച്ചു കഴിഞ്ഞാലോ ഇനി ഇതിന് പ്രസക്തിയില്ല നല്ലതായ മിണ്ടെന്നില്ല തുരാന രീതിയിൽ കാര്യങ്ങൾ കണ്ടെന്നില്ല കേട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ഇരിക്കുകയാണ് ഏതാ അപ്പോ മായാപക്ഷം വിട്ട് ആനന്ദപക്ഷത്തേക്ക് വരുമ്പോൾ അസ്ഥിഭാതി പ്രിയ രൂപമായ സച്ചിദാനന്ദ അവസ്ഥ അതിനാ പറയുന്നത് ഭഗവാന് നീ തന്ന സത്യം നീ തന്ന ജ്ഞാനം നീ തന്നെ ആനന്ദം നീയാണ് വർത്തമാനം ദൃക് അത് വർത്തമാനമാണ് ഭൂതവും ഭാവിയുമായി പിരിയുന്ന ദൃശ്യങ്ങളും നീ തന്നെയാണ് ദൃക്കിലെ ഉള്ളൂ അല്ല അപ്പോഴും മാത്രം ഓർത്താലും മതി വർത്തമാനം അല്ലാതെ ഭൂതവും ഭാവിയില്ല ഈ ഭാരതീയന്റെ പദം നല്ല പദമാണ് വർത്തമാനം മാനത്തിൽ വർത്തിക്കുക എന്നർത്ഥം അളക്കുക എന്നർത്ഥം എന്തിനെ അളക്കുന്നു ദൃശ്യങ്ങളെ ദൃക്കിൽ നിന്ന് അളക്കുന്നത് കൊണ്ട് വർത്തമാനം ദൃശ്യങ്ങനെ എങ്ങനെ അളക്കുന്നു ഭൂതഭാവികളായി അളക്കുന്നു ഭൂതഭാവികളെ അളക്കാതിരുന്നാലോ അന്യത്രികാലാതീതം ഓങ്കാരേവ എന്നു കിട്ടും ഭൂതഭവ്യ ഭവിഷ്യത്തുകൾക്കതീതമായ തൃകാലാതീതമായ ബോധം ഓങ്കാരമാണ് സ്വാഭാവികതയിലത് ഭവിഷ്യത് ഭൂതം ഭവത് ഭവിഷ്യത് ഇത് സർവമോങ്കാരേവ എന്നാവും ആ വർത്തമാനം ഭൂതത്തെ അളക്കും സ്വയം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ന് കഞ്ഞി പിടിക്കാനിരിക്കുകയാണ് നല്ല കഞ്ഞി ഇളഞ്ഞു കൊടുക്കുകയും നല്ല സ്വാദിഷ്ടമായ കഞ്ഞി നല്ല ഉപദംശങ്ങളും ആദ്യത്തെ പ്ലാവിലെ കുടിച്ചു ഭൂതകാലത്തിൻ്റെ ഓർമ്മ പ്ലാവിലയിൽ നിന്ന് കടന്നു പോകുന്നു പ്ലാവില എടുത്തതും കഞ്ഞി ആദ്യത്ത് കുടിച്ചതും ഒരു ഭൂതകാലം വന്നു പണ്ടൊന്നു എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല കഞ്ഞിയിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന ഭൂതകാലം ഇനി വർത്തമാനത്തിലെ കഞ്ഞി പിടിയില്ല പാത്രങ്ങൾ പറക്കുന്നു കഞ്ഞിയൊക്കെ തെറിക്കുന്നു ഇനി ബാക്കി ഞാൻ പറയണ്ട വർത്തമാനത്തിലെ ചാരുത മുഴുവനൊരു ഭൂതകാലം കളയുന്നു എപ്പോഴെല്ലാം നിങ്ങളിൽ ഈ ഭൂതകാലം ഒരു പേപ്പിശാചിനെ പോലയുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ദുഃഖിതനാണ് അത് കളഞ്ഞാലോ സുഖവുമായി അത് കളയാനോ നിങ്ങളീ ഓട്ടം ഒന്നും ഓടണ്ട അകത്തൊന്ന് കളഞ്ഞാൽ മതി നല്ല എത്രയാണ് ഇതിനോടകം കളഞ്ഞിട്ടുള്ളതെന്ന് ആലോചിച്ചു അഭിമനോഹരങ്ങളായ ആയിരമായിരം സന്ദർഭങ്ങളെ ും മനസും ആവാഹിച്ചു പൂർവകാലത്തിന്റെ മാനവ ജീവിതത്തിന്റെ കർക്കശ്യം ചതച്ചു കുത്തിയ ചണ്ടികളായി ഭവിഷ്യത്തുകളെല്ലാം ഏകമായൊരു വർത്തമാനത്തിന്റെ ദൂരം പറഞ്ഞുകൊണ്ട് ആ ഭാവി പറയാത്ത ഭാവിയുടെ ഉത്ഖണ്ഠകൾ അത്രയും വർത്തമാനത്തിലാണ് അമേരിക്കൻ ലൈറ്റേഴ്സില് കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി മാസം മൂന്ന് ലക്ഷം ഇൻഡൻ റുപ്പീസ് പെൻഷൻ വാങ്ങുന്ന ഒരു മഹാമനുഷ്യൻ ഇനിയും വാർദ്ധക്യകാലം അവിടെ കൈയേണ്ടെന്ന് വെച്ച് കേരളത്തിലേക്ക് വരിക അയാൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ ജീവിതകാലം ഇനിയും എങ്ങനെയൊക്കെയാണ് ഭാവിയിൽ ചെലവഴിക്കേണ്ടതെന്നുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കി സുഹൃത്തുക്കളോട് ആദ്യം അന്വേഷിക്കുക എവിടെയാണ് രോഗം നല്ല ചികിത്സ എടുക്കുക അതിനടുത്ത് സ്ഥലം തലച്ചോറിൽ എന്താണ് കിടക്കുന്നത് രോഗമാണ് അതിന്റെ ഉത്കണ്ഠയാണ് ആശുപത്രിക്ക് അടുത്ത് വിടെയാണ് കളിക്കുന്നത് പോലെ തന്നെ ഭാവിയുടെ ഉത്കണ്ഠകൾ വർത്തമാനത്തിൽ കളിക്കുമ്പോൾ ആ ഉത്കണ്ഠാകുലമായ ഭാവി വർത്തമാനത്തിൽ അളന്ന് നാം കൊണ്ടിരുന്നതാണോ ചോദ്യം മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ല നിരന്തരമായ ഉത്കണ്ഠയിലൂടെ മനസ്സിനെ പരിചയിപ്പിച്ച് പരിചയിപ്പിച്ച് നാമം കൂടെ നിൽക്കുന്നവരും ചേർന്ന് ആ അവസ്ഥയെ നാം ഉണ്ടാക്കിയെടുക്കുന്നതാണോ അല്ല പുറത്തുനിന്ന് വരുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഭൂതവും ഭാവിയും ഈ വർത്തമാനത്തിൽ അളവുകളിൽ നാം അടങ്ങുണ്ടാക്കിയതാണെങ്കിൽ വർത്തമാനമെന്നൊന്നല്ലാതെ ഏതെങ്കിലും ഭൂതമോ ഭാവിയോ ഉണ്ടോ അത് പോലെ നല്ല ആലോചിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ നിത്യമായ വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നതായാൽ ആനന്ദമാകുമോ അപ്പോൾ ദൈവമേ നീയാണ് സത്യം നീയാണ് ജ്ഞാനം നീയാണ് ആനന്ദം നീ തന്നെ വർത്തമാനം ഭൂതവും ഭാവിയും നീ തന്നെ ചിന്തിച്ചാൽ നീ മാത്രമാണ് ഭൂതവും ഭാവിയും പറയുന്ന വാക്കുകൾ ഓർത്താൽ അതും നീ തന്നെ ഓതും മൊഴിയും ഓർക്കുന്നെ അവിടെ പറയുന്ന വാക്കുകളെന്നുള്ളതിനപ്പുറം ഓതും മൊഴിയാണ് മുരുക്കന്മാരുടെ വാക്കുകൾ ആത്മന്മാരുടെ വാക്കുകൾ വേദങ്ങൾ അത് നീ തന്നെയാണ് ദൈവം തന്നെയാണ് അല്ല നമ്മളൊക്കെ ഏറുന്ന മൊഴി ദൈവില്ല ഓതും മൊഴിയും ഓർക്കിൽ നീ വാക്കും നീ തന്നെയാണ് നമ്മൾ പറയുന്ന വാക്ക് വാക്കായിരിക്കുന്നത് അക്ഷരം കൊണ്ടായതുകൊണ്ട് അതും നീ തന്നെയാണ് അക്ഷരമില്ലാതെ അക്ഷരമില്ല അതും നീ തന്നെയാണ് വേറിട്ടില്ല അനുസാരം ഓതും മൊഴിയും ഓർക്കിൽ നീ അങ്ങനെയുള്ള നിന്നെ അകവും കുറവും തിങ്ങും ുന്നു ഞങ്ങളെ ജയിക്കുക അകവും തിങ്ങും മഹിമാവർണ്ണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളെ ജയിക്കുക അവിടുന്ന് അകവും കുറവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന അന്തപ്രജ്ഞം പുറത്തേക്ക് നമ്മൾ കാണുന്ന ഒക്കെ നീ തന്നെ അകത്തും നീ തന്നെ നീ അല്ലാതെ വരെ എന്താ ഉള്ളത് ിൽ നിന്ന് നേരിട്ടുണ്ടോ എന്ന ചിന്ത മാത്രമാണ് അജ്ഞാനം എല്ലാം ഏകമായൊരു സത്യമാണെന്ന് മതം പഠിപ്പിക്കും എല്ലാം വ്യത്യസ്തമാണെന്ന് മതം തെളിയിക്കും എല്ലാം ഏകമാണെന്ന് മതം പഠിപ്പിക്കും എല്ലാം വ്യത്യസ്തമാണെന്ന് മതം തെളിയിച്ചു തരും മതങ്ങളുടെ ഈ കൊള്ളത്തരമാണ് ആധുനികന്റെ ദുഃഖം തന്നെ ഏതവനും പരസ്യ വിപണിയിൽ ഏകമാണ് സത്യമെന്ന് പ്രസംഗിക്കും തന്നെയും തൻ്റെ മതത്തെയും തൻ്റെ ദർശനങ്ങളെയും എതിർക്കുന്നവനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്യും ജീവിതം കൊണ്ട് മതം തെളിയിക്കുന്നത് സർവവും ഭിന്നമാണെന്ന് ഈ ചിഹ്ന തപോവനത്തിൽ നിന്ന് നിങ്ങൾ ഇന്നോളം കേട്ട ക്ലാസ്സിൽ ആദ്യം മുതൽ അവസാനം വന്ന് പഠിപ്പിച്ചവർക്കെല്ലാം ഇത് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ എൻ്റെ ഒരാളും വേറിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല സത്യം ഏകമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ സത്യം പലതാണെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ജീവിതം വരുമ്പോൾ പഠിപ്പിക്കുന്ന ഞങ്ങളും പഠിക്കുന്ന നിങ്ങളും ഇത് സ്വീകരിക്കുക മനസ്സിലായില്ല ഇത് സ്വീകരിക്കുക ഉത്തരമില്ല ലോകം എന്താണ് പഠിച്ചിട്ടു പോയാൽ ഭർത്താവും ഭാര്യയുമെങ്കിലും ഏലമാണ് ഗുരുവിൽ ശിഷ്യനുമെങ്കിലും ഏലമാണ് കഴിഞ്ഞ മഹാഗുരുവിനെ കാണാൻ കഴിയും അദ്ദേഹം ശിഷ്യന്മാരുമെല്ലാം ഹൈന്ദവ സമൂഹത്തെ ഒന്നായോ ഒന്നാക്കാൻ ശ്രമിക്കുക അക്ഷീണ ഒന്നര മണിക്കൂർ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ശിഷ്യന്മാരും ഭക്തന്മാരും അദ്ദേഹത്തെ ചവിക്കുകയും വെട്ടിലാക്കുകയും ചെയ്ത കഥയെല്ലാം പറഞ്ഞ് വെറുതെ വിടുതലെന്ന് പറയുക അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഒരു ഹൈന്ദവ സമൂഹത്തെ മൊത്തം യോജിപ്പിക്കുക നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശിഷ്യന്മാരുമായി യോജിക്കാനാവില്ല നിങ്ങളുടെ മനസ്സിൻ്റെ രണ്ട് ഭാവങ്ങളോടൊപ്പം യോജിക്കാനാവില്ല കാരണം ഇവരെ ശിഷ്യനാക്കി നേരത്തെ എടുത്തതും നിങ്ങളാണ് ഇപ്പോൾ അല്ല എന്നുള്ളതിലെത്തിയതും നിങ്ങളാ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹവുമായി ശിഷ്യം സംസാരിച്ചു ശിഷ്യം വളരെ വയലൻ്റ് വളരെയേറെ കഴിവുകളുണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പറ്റിപ്പണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായി ഇത് മുഴുവൻ കേട്ടിരുന്നു മറ്റേ ആൾ ചോദിച്ചു അത് ഈ പത്ത് പന്ത്രണ്ട് കൊല്ലം എടുത്തു അത്രയും ബുദ്ധിപുറവായിരുന്നു അല്ലേ രാജ്യം മനസ്സിലായില്ലേ അതിൽ ദേശീയ നേരം നല്ലവരെ ചൂടാക്കി കൊടുത്തുകൊണ്ട് മറ്റേ ആൾ ചോദിച്ചു നിങ്ങളിപ്പോൾ പുതിയ എന്തോ ഉണ്ടാക്കിയല്ലോ വീണ്ടും ആളുകളെ ഏൽപ്പിക്കാൻ അതിനിപ്പോൾ നിങ്ങളിലൊന്ന് യോജിച്ചിട്ട് പോരേ ഈ ആളുകളെ ഏൽപ്പിക്കുമ്പോൾ ചോദ്യം മനസ്സിലായില്ല ആധുനിക കാലത്തെ മതത്തിൻ്റെ ഈ പൊള്ളത്തരം നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിയാ അത് അരങ്ങേറിയ രംഗവേദികൾ ഉൾപ്പെടെ ചേർത്ത് പഠിക്കാൻ നീയും ഞാനുമെല്ലാം ഏകമാണെന്നും അകവും പുറവും തിങ്ങുന്ന മഹിമാവർണ്ണ നിൻപതമാണ് ഞങ്ങൾ പുകഴ്ത്തുന്നതെന്നും അതുകൊണ്ട് ഭഗവാനെ നീ ജയിക്കുക എന്നും പുറത്തു കാണുന്നതും അകത്ത് കാണുന്നതും ഒന്നു തന്നെയാണെന്ന് ദൃശ്യം ദൃക്ക രണ്ടില്ല എല്ലാ ദൃശ്യവും പരിചോട ചിന്തിച്ചാൽ ദൃഖിൽ അമർന്ന് അത് മാത്രമാകുമെന്ന് രണ്ട് ഭഗവാനെ അന്നയെ പുകഴ്ത്തുന്നു അവിടുന്ന് ജയിക്കുക സ്തുതിയാണല്ലോ അത് പഠിക്കാനുള്ളത് അങ്ങോട്ട് മുഴുവൻ സ്തുതിയാണ് ഉൽപ്പത്തി ആഗതി ഗതി ഉൽത്തിനം ചെയ്യാം സോ ഭഗവാൻ ഇതിന്റെ ഏകാന്തരൂപം ഐശ്വര്യ സമഗ്ര പിന്തുടങ്ങിയ ആറ് ഐശ്വര്യങ്ങളും തികഞ്ഞതെന്തോ അത് ഭഗവാൻ എന്ന് ഭാഗവും ഭവം നിഹത്യോഗം ഗതാവിൻ സ്വാധീനമുള്ളവൻ ഭഗവാനും നിരുത്തം ഏതൊന്നും കേടുക്കാം ഭഗവാനെ ഏറ്റവും വേദാന്തവുമായി ചേർന്ന് നിൽക്കുന്നത് ഭവം മികച്ച യോഗം ദാതീതി ഭഗ ഭവം സ്വാധീനമുള്ളവൻ ഭഗവാൻ മറ്റതൊക്കെ ശരിയാണ് ഷാദ്പുണ്യ പരിപൂർണരായിട്ടുള്ളവരൊക്കെ ഭഗവാൻമാരാണ് കാരണം ഭഗവാന്റെ വിഭൂതി അവിടെയുണ്ട് അതുകൊണ്ട് ആയുർവൈകൃതമെന്ന പ്രമാണത്തിൽ അവരെ ബഹുമാനിച്ചോളൂ നല്ലതാണ് കുറേ കഴിയുമ്പോൾ ബഹുമാനിച്ച് ബഹുമാനിച്ച് ഏഴ് ജന്മം കൊണ്ട് അവരെപ്പോലാകാം എതിർത്തോളൂ വളരെ നല്ലതാണ് മൂന്ന് ജന്മം കൊണ്ട് അവരെപ്പോലാകാം രണ്ടായാലും അവരെ പോലാവും യോഗം ഏത് വേണമെന്ന് തീരുമാനിക്കാനാവും സംരംഭയോഗം കൊണ്ട് വേണോ സമ്യക് യോഗം കൊണ്ട് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നവൻ്റെ ഇച്ഛയാണ് എതിർത്താൽ പെട്ടെന്ന് അവനെ പോലാകാം അനുകൂലിച്ചാൽ പതുക്കെ അവനെ പോലാകാം മനസ്സിലാവില്ല അതുകൊണ്ട് ഉന്നതന്മാർ തങ്ങളെ എതിർക്കുന്നവനെയും അനുകൂലിക്കുന്നവനെയും ഒരുപോലെ കാണുന്നു എതിർക്കുമ്പോൾ ആലോചിക്കുന്നു നീ പെട്ടെന്ന് വരേണ്ടവനാണല്ലോ ഇരിക്കൂ വല്ലതുമൊക്കെ കഴിക്കൂ നിനക്ക് എന്നിലേക്കുള്ള ദൂരം മറ്റവനേക്കാൾ കുറച്ചുകൂടെ അടുത്തതാണ് അനുകൂലിക്കുന്നവനെ കാണുമ്പോഴും പറയുന്നു നീയും ഒരിക്കലും വഴിക്ക് വരാനുള്ളവനാണ് ഇരിക്കു വല്ലൊക്കെ കഴിക്കുക മനസ്സിലായില്ല വിവരമില്ലാത്തവർ എന്നെ അവൻ എതിർത്തു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നടക്കുന്നു വിവരമില്ലാത്തവർ എന്നെ അവൻ അനുകൂലിച്ചതാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റും കാണിച്ച് നടക്കും അനുകൂലവും പ്രതികൂലവുമെല്ലാം ഒന്നു തന്നെ പ്രിയവും അപ്രിയവും എന്ന പോലെ മനസ്സിലായില്ല ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ അർത്ഥം ശാർഗുണ്യ പരിപൂർണൻ എന്ന അർത്ഥം ദേവനത്തിന് പാങ്ങ് തോന്നുന്നു ഭൂതങ്ങളുടെ ആഗതിയും ഗതിയും എല്ലാം വിദ്യയും അവിദ്യയും എല്ലാം ഏതെന്നിലോ അത് അറിയുന്നവൻ ഭഗവാൻ അതും അദ്ദേഹത്തിൻ്റെ അറിഞ്ഞ അവസ്ഥയെ ആവുന്നുള്ളൂ നമ്മളോട് ബന്ധപ്പെടുന്നില്ലല്ലോ നമുക്കേറ്റവും സുതാര്യമായി തോന്നുന്നത് ഭവം നിഹത്യ യോഗം ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള യോഗം അങ്ങനെയാണല്ലോ നമ്മൾ കപ്പിത്താനായിട്ട് അദ്ദേഹത്തെ കണ്ടത് ഭഗവാൻ എന്നതിന്റെ വേറൊരു രൂപമാണല്ലോ അതുകൊണ്ടുകൂടെ ഭഗവാൻ എന്നതിനാ അർത്ഥം എടുക്കാം ഏ ഭഗവാൻ എന്നെ ഈ സംസാരക്കയത്തിൽ നിന്ന് കരകയറ്റുന്നവനെ ആധുനിക ദൃഷ്ടിയിൽ എനിക്ക് പുത്രനെ തന്നു എനിക്ക് വീടുണ്ടാക്കി തന്നു ഞാൻ അദ്ദേഹത്തെ സ്മരിച്ചുള്ളൂ പ്രമോഷൻ ഇങ്ങനെയൊക്കെ അരവിന്ദാക്ഷമേനോൻ പ്രായത്തിൽ കണ്ടെത്തുന്ന ഭഗവത് പാവങ്ങളുണ്ട് അരവിന്ദാക്ഷമേനോൻ ന്യായം എന്ന് ന്യായം കേട്ടിട്ടുണ്ടാവില്ല ന്യായശാസ്ത്രത്തിൽ പലതും കേട്ടിട്ടുണ്ടാവും അരവിന്ദാക്ഷമേനോൻ ന്യായം നിങ്ങൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പോഴത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയൊക്കെ ന്യായം അരവിന്ദാക്ഷമേനോൻ ന്യായമാണ് ഞാനൊരു ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ ആയിരുന്നു ജീവനക്കാരനായിരുന്നു ഞാൻ തൊഴിലാളി നേതാവായിരുന്നു ഞാൻ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി എൻ്റെ വീട്ടിലാകെ പഴ ദാരിദ്ര്യവും മറ്റുള്ളവർ വന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ടു എൻ്റെ ജോലിയിൽ വിരിച്ചുവിട്ടു അവസ്ഥ ഞാൻ കൃഷ്ണനെ കാണാൻ പോയി പ്രശ്നം എടുക്കച്ചെന്ന് ശരിയായില്ല അപ്പോൾ ശിവനെ കാണാൻ ചോദിച്ച് പറഞ്ഞു ഞാൻ ശിവനെ പോയി കണ്ടു ശിവൻ എനിക്കാവുന്നതും തന്നില്ല അവസാനം ഞാൻ വിഷമിച്ചപ്പോൾ ഭാര്യ കയ്യിൽ വെച്ചിരിക്കുന്ന ക്രൂശിത രൂപം കണ്ടു ഭാര്യ പറഞ്ഞു ഞാൻ കുറേ കാലമായി മുത്തുകയാണ് ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോഴെങ്കിലും കഞ്ഞുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് മുത്തു എന്ന് പറഞ്ഞു ഞാനൊന്ന് മുത്തി മുത്തിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി പി ജെ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ട് പിരിച്ചുവിട്ടതിനെ അകത്ത് കയറ്റി അങ്ങനെ ക്രൂഷിത രൂപത്തിൻ്റെയും കർത്താവിൻ്റെയും അനുഗ്രഹം എന്നിൽ വേണ്ട പോലെ ചുരിഞ്ഞു എൻ്റെ മകളുടെ കാര്യത്തിൽ ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അവർക്ക് ബി എസ് സി നഴ്സിങ്ങിനെ അഡ്മിഷനും മന്ത്രി സ്പെഷ്യലായി വിളിച്ചു പറഞ്ഞ് കിട്ടി ഇതൊക്കെ എഴുതും പാടിയിൽ മന്ത്രി സ്പെഷ്യലായി വിളിച്ചു പറഞ്ഞു അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായിക്കുന്നതിനാ മന്ത്രിയാണോ ഇതിൽ ലൈവം എന്ന് ശങ്കരോടുകയും ചെയ്യും അതുകൊണ്ട് അതേപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ലൗകികങ്ങളായ സാധനങ്ങളൊക്കെ തന്നാൽ ദൈവമുണ്ട് മനസ്സിലായെന്നറിയില്ല ഇങ്ങനെ ഇപ്പം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ലോകത്തുണ്ട് അവർക്കാർക്ക് മോക്ഷവും വേണ്ട ജ്ഞാനവും വേണ്ട ഈ ലൗകികമായ സാധനമൊക്കെ വന്നു അത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് അങ്ങനെ അയച്ച് കഴിയുമ്പോൾ ഈ സാധനത്തോട് മടുക്കും അപ്പോൾ പിന്നെ പുതുവേറെ കൊടുത്തിരിക്കണം ദെയ്യത്തെ ആ പണി തെരുവരോട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് മനുഷ്യൻ മടിക്കുന്ന സാധനം അതെല്ലാം തൊഴിൽ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്നവിടെ ചെറിഞ്ഞ് ചെറിഞ്ഞ് നോക്കി കുറച്ച് കഴിഞ്ഞ് അവരോട് ചോദിച്ചു എവിടുന്ന് വാങ്ങിച്ച സാരി ഏതാണ് അപ്പോൾ അതൊരു ഷിഫോണാണ് അതാണ് തോന്നുന്നു പുതിയ മോഡൽ പാലക്കടുപ്പ് ഷിഫോണിൻ്റെ ആണൊരു ഗോഡോം തുറന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അഡ്വർടൈസ്മെന്റ് കണ്ടു ഷിഫോൺ വളരെ വില കുറച്ച് പകുതി വിലയ്ക്ക് തരുന്നു ഷിഫോൺ ആന്ധ്രയിലും മദ്രാസിലും അതിൻ്റെ ഫാഷൻ തീർന്നു അപ്പോൾ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ് വീണ്ടും ബോം ചെയ്ത് പെട്ടിയിട്ടുണ്ട് ഇനി കേരളീയർ എടുത്തു നാട്ടുകാരുടെ ഗതി അപ്പോൾ ഈ ഷിഫോൺ മേടിച്ചാൽ അത് കൊടുത്ത് രണ്ട് ദിവസം ചെക്ക് സ്റ്റൈലിൽ ഗീതാ ക്ലാസ്സിലും യജ്ഞത്തിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പുളിമുറയുടെ കഥയിലും സോഫയിലുമൊക്കെ കൂട്ടിയിട്ടേക്ക് അങ്ങനെ അപ്പോൾ ഈ ബ്രോമൊക്കെ താൽക്കാലികമാണോ വിശ്വത്തിലെ ദൃശ്യ വിന്യാസങ്ങളിലുള്ള ഭ്രമം താൽക്കാലികമാണ് അത് തന്നവൻ ഈശ്വരനാണെങ്കിൽ ഈശ്വരനും താൽക്കാലികനാണ് ഹിന്ദുവിന്റെ സനാതനധർമ്മം അത്തരം അംഗീകരിക്കുന്നില്ല ഈ ദൃശ്യപ്രപഞ്ചത്തിൽ മാറി മാറി വരുന്ന ഭോഗലാലസതകളെ മുഴുവൻ താലോലിച്ചാണ് എനിക്ക് ഈശ്വരൻ കരുണാമയനായി തീരുന്നതെങ്കിൽ കോടാ ഈശ്വര നിന്നെ വേണ്ടെന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവനാണ് സനാതനം പറഞ്ഞു മനസ്സിലാവുന്നറിയില്ല അവർ പഠിക്കുക ഞാൻ ചങ്കൂറ്റിലേക്ക് പഠിക്കുന്നു പോകരുത് ഈ ഗ്ലാസൊന്നും കേൾക്കരുത് ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ മസിൽ മതി കാശുമതി മതി ഈ ദൃശ്യപ്രപഞ്ചത്തിലെ എന്തും നേടാൻ അജ്ഞാനം മാത്രമേ ആവശ്യമുള്ളൂ അതിന് ജ്ഞാനവും ഈശ്വരനും സഹായവും വേണ്ട അതിനും കൂടെ ഈശ്വരനെ കളിച്ചയക്കാൻ തുടങ്ങിയാൽ മനസ്സിലാവില്ല ഈശ്വരൻ ഈ ദൃശ്യവിന്യാസങ്ങൾ തരുന്നവനല്ല ഈ വിശാല വിശ്വം മുഴുവൻ അതിഥി സാരമായി തന്റെ മഹാപ്രഭുവിന്റെ കാഴ്ചവട്ടിൽ ചെന്ന് പെട്ടിക്കടല അഞ്ചു പൈസയ്ക്ക് മേടിക്കാൻ പോകുന്നവൻ നാണക്കെടുവുന്നില്ലേ നാണക്കെടുവുന്നില്ലേ മഹത്തായ സച്ചിദാനന്ദ സ്വരൂപന്റെ അടുക്കലെത്തിയാൽ ഈ കപ്പലിന്റെയും കടലിലേക്ക് വാങ്ങിച്ച ആരെങ്കിലും പിന്നോ കിട്ടിയിട്ടില്ല സച്ചിദാനന്ദ സ്വരൂപമായ